അടുത്തത് ധ്രുവചരിത്രമാണ് സ്വയംഭൂവ വംശം വംശാവലിയാണല്ലോ പറഞ്ഞു വരുന്നത് അതില് ഉത്താനപാദൻ പ്രിയവർദ്ധൻ എന്ന് രണ്ട് മക്കള് സ്വയംഭൂവ മനു ഉത്താനപാദനൃപത്തെ മനുനന്ദനസേ ജാ ബഭൂവസുരുചി നിതരാം അഭീഷ്ടം അനുയാരി അനാദൃതാം ത്യമഗതി പ്രിയവ്രതന്റെ കഥ പിന്നീട് പറയും ഈ പ്രിയവ്രതൻ എന്നുള്ളത് ഒരു കാരണപ്പേര് എന്നാണ് അഖണ്ഡാനന്ദജി പറയണത് പ്രിയവ്രതം എന്ന് വെച്ചാൽ എല്ലാവരോടും പ്രിയമായിരിക്കുക എന്നുള്ളതേ ഒരു വ്രതമായെടുത്ത ആളെന്ന് ഭക്തിയെ വ്രതമായിട്ടെടുത്തവൻ പ്രിയവ്രതൻ ഉത്ഥാനപാദനാകട്ടെ അദ്ദേഹം കാലു മേപ്പെട്ട ഉയർത്തിയ ആളാണ് പാതം എന്ന് വെച്ചാൽ കാല് കാലും മേപ്പെട്ടും തല ചുവട്ടലും അതായത് ഏത് മുൻപില് വെക്കണോ അതിനെ പിൻപിലും ഏതിനെ പിൻപില് വെക്കണോ അതിനെ മുൻപിലും വെച്ച ആള് ഉത്താനപാതൻ ജീവിതത്തിൽ ആദർശങ്ങളൊക്കെ തലകീഴാവുമ്പോ ഉത്താനപാതനാവും മനുഷ്യൻ ഒന്ന് പൂജ്യം പൂജ്യം പൂജ്യം പൂജ്യം നീട്ടാ വില കൂടിക്കൊണ്ടേയിരിക്കും പൂജ്യം പൂജ്യം പൂജ്യം പൂജ്യം പൂജ്യം ബാക്കിൽ കൊണ്ടുപോയി ഒന്നിട്ടോ നെഗറ്റീവ് വാല്യൂ അല്ലേ അപ്പോ ജീവിതത്തിൽ ഏത് മുൻപില് വെക്കണോ അത് മുമ്പിൽ വെക്കണം ഈശ്വരനെ മുമ്പിൽ വെച്ചിട്ട് ലോക വിഷയങ്ങളെയൊക്കെ ചേർത്താ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു ലോക വിഷയങ്ങളെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഈശ്വരനെ കൊണ്ട് പുറകെ വെച്ചാലോ അവസാന കാലത്തായിരിക്കും ചിലപ്പോൾ ഭാഗവതം കേൾക്കണം എന്ന് തോന്നുക കേൾക്കാൻ പറ്റില്ല ചെവി കേൾക്കില്ല കണ്ണ് കാണില്ല കേൾക്കാനും പറ്റില്ല കേൾക്കാൻ പറ്റണില്ലല്ലോന്നൊരു വിഷമം ജീവിതം മുഴുവൻ വ്യർത്ഥമായല്ലോന്നൊരു ദുഃഖം മമൈഷകാല അജിത നിഷ്ഫലോ ഗതാ പറയാമോ ഭഗവാനെ എന്റെ കാലമൊക്കെ നിഷ്ഫലമായി പോയല്ലോന്ന് അവസാനം ദുഃഖിക്കേണ്ടി വരും വെള്ളമൊക്കെ ഒഴിഞ്ഞു പോയ ശേഷം ബ്രിഡ്ജ് ഡാമ് കെട്ടിയിട്ട് എന്ത് പ്രയോജനം വെള്ളമൊക്കെ പോയി എന്നിട്ടാണ് ഡാം കെട്ടിയത് എന്ത് പ്രയോജനം അതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് അവസാന കാലത്ത് ഭഗവാനെ ഭജിക്കാം എന്ന് പറ്റില്ല പലപ്പോഴും അതാണ് കൗമാര ആചാര്യപ്രാജ്ഞന്ന് നമ്മുടെ പ്രഹ്ലാദം പറയാൻ പോണത് കുട്ടിക്കാലം മുതൽ ഭക്തി തുടങ്ങണം അപ്പൊ അല്പല്പം ഭക്തി ചെയ്താൽ മതി കുട്ടിക്കാലം മുതൽ ചെറുത് ചെറുതായിട്ട് ഭക്തി പരിശീലിച്ചാൽ വലുതാവുമ്പോൾ ആ ഭക്തി പെരുകി പെരുകി പെരുകി വരും ഒരു പിടിവള്ളിയും ഉണ്ടാവും അല്ലാതെ വയസ്സായ ശേഷം ഒരു ഫാഷന് വേണ്ടി ഞങ്ങളും വരാന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല നാലുപേർ പോണു എന്ന് പറഞ്ഞിട്ട് പോയാൽ പലപ്പോഴും നടക്കില്ല അപ്പൊ ഈ ഉത്താനപാതന് രണ്ടു ഭാര്യമാര് സുരുചി സുനീതി സുനീതി വെച്ചാൽ നല്ല നിയമമുള്ളവൾ എന്നർത്ഥം സുരുചി എന്ന് വെച്ചാൽ നല്ല രുചിയുള്ളവൾ എന്നർത്ഥം സാധാരണ മനുഷ്യൻ എന്തിനെ ഇഷ്ടപ്പെടും രുചിയെ ഇഷ്ടപ്പെടുവോ നീതിയെ ഇഷ്ടപ്പെടുവോ സാധാരണ മനുഷ്യരൊക്കെ അവർക്ക് മുമ്പിൽ രണ്ടെണ്ണം വരും അത്ര ഉപനിഷത്തെ പറയണു ശ്രേയസ് മനുഷ്യമേധ ഒരു വശത്ത് ശ്രേയസിനുള്ളതും വരും വേറെ ഒരു വരും പക്ഷേ ശ്രേയസിനെ സ്വീകരിക്കുന്നത് വളരെ കുറവ് ശ്രേയസിനെ സ്വീകരിക്കില്ല പ്രേയസ് കാണുമ്പോൾ ഭംഗിയുണ്ടാവും അതിനെ സ്വീകരിക്കണം പ്രേയസ് കാണാന്നല്ല ഭംഗിയുള്ളത് കൊണ്ട് അതിനെ സ്വീകരിച്ചു അത് നല്ല രുചി അതാണ് സുരുചി എന്ന് പറഞ്ഞത് മറ്റേത് സുനീതി രാജാവ് സുരുചിയെ നല്ലവണ്ണം ആദരിച്ചു സുനീതിയെ തള്ളിക്കളഞ്ഞു അനാദൃത അതുകൊണ്ട് എന്തുണ്ടായി സുനീതിക്ക് വലിയ അനുഗ്രഹം ഉണ്ടായി അപമാനിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ഈശ്വരനെ കിട്ടും അപമാനിക്കപ്പെടുമ്പോഴാണ് മനസ്സ് ഭഗവാന്റെ അടുത്ത് പോവുക അസമ്മാനിക്കും തോറും ഭഗവാൻ എന്ന് വരും അസമ്മാനാ തപോവൃദ്ധി സമ്മാനാത്തു തപക്ഷ തപക്ഷയാണ് അസമ്മാനം ഏർപ്പെടും തോറും തപസ് വൃദ്ധിയാവുക അത്ര അപ്പൊ ഭഗവാന്റെ അടുത്ത് മനസ്സ് പോയിക്കൊണ്ടേയിരിക്കും ലോകത്തിലുള്ളവരൊക്കെ നമ്മളെ നിന്ദിച്ചാൽ മനസ്സ് ഭഗവാന്റെ അടുത്ത് ലോകത്തിലുള്ളവരൊക്കെ പുകഴ്ത്തിയാൽ മനസ്സ് ലോകത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അപ്പോ സുരുചിക്ക് സുനീതിക്ക് ഇവിടെ ഭർത്താവ് അനാദരിച്ചത് കൊണ്ട് വലിയൊരു അനുഗ്രഹം ഉണ്ടായി എന്താന്ന് വെച്ചാൽ ഭഗവാൻ മാത്രം വാസ്തവം ഇവരൊന്നും കണക്കാക്കാൻ വയ്യ ഈ ഭർത്താവ് അതെ ഇതൊക്കെ വെറും ഒരു ഇവിടെ മായ വന്നു ഇങ്ങനെ വന്നിട്ട് പോകുന്നു ഇത് വലിയ ഭാഗ്യമായിട്ട് കരുതി സുനീതി ഇനിയിപ്പൊ നമ്മളെ ഉപദ്രവിക്കില്ല ഒന്നിനും ചോദിക്കില്ല ഒരു ഗ്ലാസ് പാല് വേണമെങ്കിൽ അതും സുരുചി തന്നെ കൊണ്ടു കൊടുക്കും നല്ലതായി പണിയേല്ലാം സ്വസ്ഥമായിട്ട് ഭഗവത് വിചാരം ചെയ്യാം ഭഗവാന്റെ നാമവും ജപിച്ച ഏകാന്തത്തില് ഭഗവാനെ ധ്യാനിക്കാൻ ശീലിച്ചു സുനീതി ഭർത്താവ് ആദരിച്ചാലല്ലേ എപ്പോഴും കൂടെ വേണം എന്നൊരു നിർബന്ധം ഉണ്ടാവുള്ളൂ അനാദരിച്ചപ്പോഴോ വളരെ സുഖം തോന്നിയത്ര അങ്ങനെയായി അന്യാസുനീതിരുതി निमगति शरण गौकिकन भर्ता अनादरच यर्ता शरणागति यथार्थ भर्तव आराना भर्तवे भगवा भर्ता प्रभु साक्षि निवास शरण सुहृत् भर्तवे लौकिक भर्तन्नादरुच पार्थर्ता भगवाने क ലൗകിക ഭർത്താവ് ആദരിച്ചാൽ പാരമാർത്ഥിക ഭർത്താവിനെ പലപ്പോഴും നഷ്ടപ്പെടും ശരിയായ ഭാവമില്ലെങ്കിൽ അപ്പൊ ഇവിടെ സുനീതിക്ക് ഭാഗ്യമാണ് ഒരു അതുകൊണ്ട് നിത്യം അഗതിഹി ശരണം ഗതാഭൂത്ത് ശരണാഗതി അമ്മ ശരണാഗതി ചെയ്താലേ മകൻ ഭക്തനാവുള്ളൂ അമ്മ ശരണാഗതി ചെയ്തിട്ടില്ലെങ്കിൽ മകൻ എങ്ങനെ ഭക്തനാവൂ പരീക്ഷിച്ച് പറയണു ഭാഗവതം കേൾക്കാൻ എങ്ങനെയാ സന്ദർഭം ഉണ്ടായത് എന്ന് വെച്ചാൽ ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിതം മദംഗം സന്താന ബീജം കുരുപാണ്ഡവാനും ജുഗോപകുക്ഷിംഗത ആത്തചക്രോ മാതുയ ശരണം എന്റെ അമ്മ ഉണ്ടല്ലോ ഉത്തര പോയി ഭഗവാന്റെ കാല് വീണ് നമസ്കരിച്ച് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാനൃം ത്വദഭയം പശ്യേ എത്ര പരസ്പരം തത്വജ്ഞാനത്തോടുകൂടെ ശരണാഗതി ചെയ്തു ഉത്തര ഉത്തര പറഞ്ഞു ഭഗവാനെ ബാക്കിയുള്ളതിനൊന്നും ശരണാഗതി ചെയ്തിട്ട് കാര്യമില്ല ഒക്കെ മൃത്യുഹൂ പരസ്പരം വീട്ടിനെ ആശ്രയിച്ചാൽ വീട്ടിനും മൃത്യു ഭർത്താവിനെ ആശ്രയിച്ചാൽ ഭർത്താവിനും മൃത്യു മക്കളൊക്കെ ആശ്രയിച്ചാൽ മക്കൾക്ക് മൃത്യു ബന്ധുക്കളെ ആശ്രയിച്ചാൽ ബന്ധുക്കൾക്ക് മൃത്യു അച്ഛനെ ആശ്രയിച്ചാൽ അച്ഛനും മൃത്യു അമ്മയെ ആശ്രയിച്ചാൽ അമ്മയ്ക്ക് മൃത്യു എത്ര മൃത്യുഹൂ പരസ്പരം സ്വയമേവ നശിച്ചു പോകണവൻ മറ്റുള്ളവരെ എങ്ങനെ രക്ഷിക്കും സ്വയമേവ മരിച്ചു പോകണവൻ മറ്റുള്ളവൻ എങ്ങനെ ശാശ്വതമായ സുഖം കൊടുക്കും അതുകൊണ്ട് ഭഗവാൻ ഇവരൊന്നും വേണ്ട എത്ര മൃത്യുഹൂ പരസ്പരം ഇവിടെ ഇവരാർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല ഇവരൊക്കെ പരസ്പരം മരിച്ചു പോണവരാണ് ഒരു ലൗകികനായ ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ തന്നെ ഗതി എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കണോന്ന് പറയെ വിഡിത്തം അങ്ങനെ ആരുടെ ശരണാഗതി ചെയ്യാതെ എത്ര വലിയ മഹാത്മാക്കൾ അവിടെ നിൽക്കണം ഋഷികളുണ്ട് ധർമ്മപുത്രനുണ്ട് അർജുനനുണ്ട് ഭീമനുണ്ട് ബലവാന്മാരായിട്ടുള്ള അവരൊക്കെ ഉണ്ട് അവരുടെ അടുത്തൊന്നും പോയില്ല ശ്വശുരന്മാരുടെ അടുത്ത് ആരുടെ അടുത്തും പോവാതെ നേരെ എന്താന്ന് വെച്ചാ എത്ര മൃത്യുഭൂ പരസ്പരം ഇവരൊക്കെ എങ്ങനെയാ എന്നെ രക്ഷിക്കും അങ്ങനെ ചെന്ന് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ശരണാഗതി ചെയ്ത ഉത്തരക്ക് വഴി കാണിച്ചു കൊടുത്ത പ്രഭു ആ അമ്മ ശരണാഗതി ചെയ്തത് ഭാഗവതം കേൾക്കാൻ ഭാഗ്യം അങ്ങനെ വേണം ഭക്തി വരാനായിട്ടാണ് അങ്ങനെ ഭക്തി വന്നാൽ നന്നായിരിക്കും കുട്ടിക്കാലം മുതൽ അമ്മയും അച്ഛനുമൊക്കെ കുട്ടികളെ വഴി കാണിച്ച് കുട്ടിയോട് പറയണം സന്ധ്യാസമയൽ കുട്ടി ഇരുന്ന് നാമഞ്ചൊല്ലു എന്ന് പറയണം ടി സീരിയൽ കാണിച്ചു കൊടുക്കരുത് കുട്ടികളെ നാമം ചൊല്ലി പഠിപ്പിക്കുക അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടുപോയി പഠിപ്പിക്കുക ഭാഗവത സപ്താഹമൊക്കെ അവിടെ ഇരിക്കട്ടെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം ഇതൊക്കെയാണ് ഇപ്പൊ അറിയേണ്ടത് ഇപ്പോ കുട്ടികളെ നാമം ചൊല്ലി പഠിപ്പിക്കുക സങ്കീർത്തനം ചെയ്ത് പഠിപ്പിക്കാം ഇപ്പോഴൊക്കെ കുട്ടികൾ ധാരാളം പഠിക്കുന്നുണ്ട് പക്ഷേ ഒരു നിത്യനിഷ്ഠയോടുകൂടെ ചെയ്യിപ്പിക്കുക അങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഭക്തി വരണം തുളസി മുളച്ചു വരുമ്പോഴേ മണത്തു കൊണ്ട് മുളച്ചു വരും അതുപോലെ ജന്മനാഭക്തിയോടെ വരണം അങ്ങനെ വന്നാൽ അതൊരു സൗന്ദര്യം വേറെ അതിന് അപ്പൊ ശരണാഗതി ചെയ്തു ശരണം അഭൂത് ശരണാഗതി ചെയ്തവളായി തീർന്നു സുനീതി ലോകത്തിലുള്ള ദുഃഖമൊക്കെ ആധ്യാത്മികമായി സുഖം ലോകത്തിലുള്ള സുഖമൊക്കെ ആധ്യാത്മികമായി ദുഃഖം ലോകത്തിൽ പലപ്പോഴും സുഖം കിട്ടുമ്പോഴുമൊക്കെ ഭഗവാനിൽ നിന്ന് അകന്നു പോവും ലോകത്തിൽ ദുഃഖം കിട്ടുമ്പോ പ്രചേതസ്സുകൾ ഭഗവാനോട് പറഞ്ഞു രുദ്രഗീതമൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു ഭഗവാനെ ലോകത്തിൽ ദുഃഖം ഉണ്ടാവും വേണം ദുഃഖം എപ്പോ ഉണ്ടാവണു അപ്പോ വന്നിട്ട് ആരെങ്കിലും വന്ന് ദുഃഖം വന്നത് ഭഗവാനെ ഭജിക്കൂ എന്ന് പറയാൻ ഒരാളെയും കിട്ടണമൊന്ന് ഇത് രണ്ടും കൂടെ കിട്ടിയാൽ ഈ ജീവൻ ശരിയായ ട്രാക്കിൽ വീഴും അത് ഭഗവാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ എല്ലാം ഏർപ്പാട് ചെയ്ത് തരും ദുഃഖം വരണം ദുഃഖം വരണ സമയത്ത് ഈ ദുഃഖം ഇയാൾ നേരെ പോയിട്ട് സൂസൈഡ് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് ആ സമയത്ത് വേണം പറയാനായിട്ട് ഭഗവാനെ ഭജിക്കും അങ്ങനെ പറഞ്ഞാൽ ശരിയായ ആ സമയത്ത് ദുഃഖം വരുമ്പോ ഭഗവത് ഭജനത്തിന്റെ സന്ദേശം കിട്ടിയാൽ ആ ജീവൻ നേരെ ലക്ഷ്യത്തിലെത്തും വഴിയിൽ ഒരിടത്ത് ഉടക്കാതെ ലക്ഷ്യത്തിലെത്തും അപ്പോ സുനീതിക്ക് ഇവിടെ അങ്ങനെ ഒരു ഭാഗ്യം ഭർത്താവ് അനാദരിച്ചപ്പോ ഭക്തിമാർഗത്തിൽ രുചിയേറി അവ തനിച്ചിരുന്ന് ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി അങ്ങനെ ഭജിച്ച് ത്വാമേവനിത്യം അഗതിഹി അഗതിഹി എന്ന് വെച്ച ഗതി ഇല്ലാത്തത് ബാക്കിയുള്ള ഗതിയൊക്കെ അടയുമ്പോഴേ ഈ ഗതി തുറക്കുള്ളൂ ഗതിർ ഭർത്താവ് പ്രഭു സാക്ഷി അപ്പൊ ഈ ഗതി തുറക്കും അങ്ങനെ ബാക്കിയുള്ളതൊക്കെ തടസ്സപ്പെട്ടു സുനീതിക്ക് യുടെ പുത്രനാണ് ധ്രുവൻ വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാനെ ഒരു പേര് ധ്രുവം എന്ന് വെച്ചാൽ നിത്യമായത് എന്നർത്ഥം അധ്രുവം എന്ന് വെച്ചാൽ അനിത്യമായത് സാധാരണ എല്ലാരും അധ്രുവത്തിനെ എടുത്ത് ധ്രുവത്തിനെ വിട്ടുകളയുന്നു അറിവുള്ളവൻ അധ്രുവത്തിനെ വിട്ടു ധ്രുവത്തിനെ എടുക്കണു എന്ന് ഉപനിഷത് വേദൻ തന്നെ പറയുന്നു ധ്രുവം അധ്രുവേഷു ഇഹ പ്രാർത്ഥയ അധ്രുവത്തിനെ വിട്ടു ധ്രുവത്തിനെ എടുക്കണം ഇയാള് ധ്രുവനെ വിട്ടു ഉത്തമനെ എടുത്തു ഉത്തമെന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് സുഖം തോന്നുന്നവൻ അധ്രുവത്തിനെ എടുത്തു ഒരു ദിവസം ഉത്തമനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് രാജാവ് അങ്ങനെ ഇരിക്കുമ്പോ ധ്രുവൻ ഒരു രണ്ടു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു കളിപ്പാട്ടം വാങ്ങിക്കൊടുത്താൽ മറ്റേതിനും വാങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ ശണ്ടയാവും രണ്ടുപേരെയും ഒരേപോലെ തുല്യമായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അസൂയ വളരും കുട്ടികൾക്ക് ഇവിടെ ധ്രുവന് ഉത്തമൻ അമ്മ അച്ഛൻറെ മടിയിൽ കയറിയിരിക്കണം അങ്കേ പി പുത്രകം ഉത്തമം തം ദൃഷ്ട്രു സുനീതി സുതോധിക്ഷ്യൻക്ഷിപേതൂ ഇവിടെ കുട്ടി ധ്രുവനും അച്ഛന്റെ മടിയിലിരിക്കണമെന്ന് ആഗ്രഹം തോന്നി പാവം ഓടിപ്പോയി അച്ഛന്റെ മടിയിലിരിക്കാൻ പോയി മടിയിൽ കയറിയിരിക്കാൻ പോയതും സുരുചി അടുത്ത് നെക്കണണ്ട് ധ്രുവനെ വലിച്ചു ചുവട്ടിലിട്ടു തന്റെ മകൻ ഇരിക്കാനുള്ളതാണ് അവൾ കണ്ടത് ഭർത്താവിനെയോ ഭർത്താവിന്റെ മടിയെയോ അല്ല ഭർത്താവ് ഇരിക്കണ പീഠത്തിന് നാളെ അതിലവകാശം കൊണ്ടുവരരുത് അപ്പോ അതിപ്പോ തന്നെ ഭദ്രമാക്കണം എന്നാണ് അവിടുന്ന് തുടങ്ങി അപ്പൊ ഭട്ടതിരി പറഞ്ഞു ഭഗവാനെ അങ്ങേ ഭജിക്കാത്തവർക്ക് അസൂയെ എങ്ങനെ പോകും ഭവത്ഭിമുഖി അസൂയ ഭഗവാനെ ഭജിക്കാത്തവർക്ക് കൂടെ ഉള്ള സ്വത്താണ് അസൂയ അങ്ങനെയുള്ളവർക്ക് ഭാഗവതം കേൾക്കാൻ പറ്റില്ല ഭാഗവതം കേൾക്കാനുള്ള സുഖബ്രഹ്മ മഹർഷി ഒരു വിധത്തിലുള്ള ക്വാളിഫിക്കേഷനും സാധാരണ ഭാഗവതം കേൾക്കാൻ വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഭാഗവത ഉപനിഷത്താണ് വേദാന്തി ശാസ്ത്രമാണ് മുഴുവൻ ബ്രഹ്മവിദ്യയാണ് ഭാഗവതം അപ്പോ വേദാന്തം ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ ജന്മാദ്യസി യഥാ എന്നാണ് തുടങ്ങണത് അപ്പൊ പോയി കഴിഞ്ഞാൽ അവിടെ വിവേകം വൈരാഗ്യം ശമം ദമം ഉപരതി ചിദീക്ഷ ശ്രദ്ധ സമാധാനം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിലേ കേട്ടിട്ട് പ്രയോജനപ്പെടുകയുള്ളൂന്ന് പറയും അപ്പൊ ശുഭബ്രഹ്മമഹർഷി പറഞ്ഞു ഭാഗവതത്തിന് വ്യാസഭഗവാനോട് പറഞ്ഞു അച്ഛാ ഇത്തരം ലിസ്റ്റൊക്കെ ഇട്ടാൽ ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരെ കേൾക്കാൻ വരാൻ പാടുന്ന് പറഞ്ഞാൽ ഭാഗവത സപ്താഹം ഞാൻ ചെയ്യില്ല അതൊക്കെ എടുത്തു കളയാ ഒരേ ഒരു ക്വാളിഫിക്കേഷൻ ഭാഗവതം കേൾക്കാൻ ഒരേ ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അസൂയ പാടല്യ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവതം സപ്താഹം കേൾക്കാനിരിക്കും അസൂയ പാടല്യം സന്തോഷിച്ചോളണം പരസ്പരം മുന്നിൽ പോണവര് മുന്നിൽ പോട്ടെ സന്തോഷിച്ചോളൂ അസൂയ പാടല്യം ചില ഇടത്തുണ്ടോ സപ്താഹത്തിന് അവരവരുടെ സ്ഥാനത്തിൽ വേറെ ഒരാൾ ഇരുന്നാൽ അവിടെ കുരുക്ഷേത്ര ഭൂമിയാവും ഭാഗവതം കേൾക്കാൻ വന്നവരാണ് അവിടെ അസൂയ പാടില്ല ഇവിടെയൊക്കെ അപ്പൊ നാരായണിയും ഭംഗിയായിട്ട് വായിച്ചു പോണു കുഴപ്പമില്ല പക്ഷെ ചിലപ്പോഴൊക്കെ ചിലയിടത്തും നമ്മളങ്ങനെ അറിയാതെ പറഞ്ഞു പോയാൽ പേടി ഒരാളെ വായിക്കാൻ പറ്റു വേറെ ഒരാളെ വായിക്കാൻ പറ്റിട്ടില്ലെങ്കിൽ യുദ്ധമായി കളയുണ്ട് നമുക്കിവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് സന്തോഷമായിട്ട് പോണു കുഴപ്പമില്ല അപ്പോ അതൊന്നും മാത്രം ഇല്ലെങ്കിൽ ഭാഗവതം വായിക്കും നിർമത്സരാണാം സതാം വേദ്യം മാത്സര്യം ഇല്ലെങ്കിൽ മാത്സര്യം ലൗകികത്തിലാവാം ലോകവിഷയങ്ങളിലാവാം പണം ഉണ്ടാക്കുന്നതിലാവാം പക്ഷേ ഭാഗവതത്തിലോ ഭക്തിയിലോ ഇതൊന്നില്ലെങ്കിൽ ഭക്തി വരും ഗീതയിലൊക്കെ പലയിടത്തും ഭഗവാൻ പറഞ്ഞു അനസൂയവേ ഒരിടത്ത് വാക്ക് പ്രയോഗിച്ചു അസൂയയില്ലെങ്കിൽ അർജുന തനിക്ക് പറഞ്ഞു തരാം എന്താ ഈ ബ്രഹ്മവിദ്യയിൽ പോയി അസൂയ അസൂയ എന്ന് പറയണത് ഇവിടെ എന്താ അസൂയ വെച്ചാൽ ചിലരൊക്കെ അവരൊരു ഘട്ടത്തിലെത്തിയാൽ അവിടെ പിടിച്ചു നിന്നിട്ട് ഇതിന്റെ മേലെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയും അതാണ് അസൂയ സ്വസിദ്ധാന്ത സ്വസിദ്ധാന്ത വ്യവസ്ഥാസുദ്വൈത്തിനോ നിശ്ചിത ദൃഢം പരസ്പരം വിരുദ്ധന്റെ തൈരയം വിരുദ്ധത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സിദ്ധാന്തിച്ചു വെക്കുവേ നാമരൂപപരമായിട്ട് എന്നിട്ട് ശ്രുതിപ്രാമാണ്യമൊന്നും നോക്കില്ല ഞങ്ങളുടെ സമ്പ്രദായമാണ് പറയും ചോദിച്ചു കഴിഞ്ഞാൽ പാരമാർത്ഥികമായിട്ടുള്ള വസ്തുസത്യം ആരെങ്കിലും പറഞ്ഞാൽ അസൂയയോടുകൂടെ അത് നിഷേധിക്കും അത് പറയാൻ പാടില്ലാന്ന് പറഞ്ഞ് നിഷേധിക്കും അതാണ് അസൂയ അങ്ങനത്തെ അസൂയുണ്ടെങ്കിൽ ബ്രഹ്മവിദ്യ ഉള്ളിൽ കയറിയേ ഇല്ല തുറന്ന മനസ്സോടെ കേൾക്കണം തുറന്ന ബുദ്ധിയോടെ കേൾക്കണം തുറന്ന ഹൃദയത്തോടെ കേൾക്കണം എന്നാൽ വസ്തു നേരെ ഉള്ളിൽ ചെന്നിരിക്കും അല്ലെങ്കിൽ ആദ്യമേ നിർബന്ധിച്ചു വെച്ചാൽ ഇന്നതേ പറയാൻ പാടുള്ളൂ ഇന്നത് പറയാൻ പാടില്ല ഇങ്ങനെയേ പറയാൻ പാടുള്ളൂ വെയ് ഞങ്ങൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണോ കേട്ടത് അങ്ങനെയാണെങ്കിൽ വസ്തു കയറില്ല അതാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത് അർജുന ബ്രഹ്മവിദ്യയോട് ജ്ഞാനത്തിനോട് അസൂയ തോന്നരുത് അസൂയ തോന്നിയാ പോയി ആ അസൂയ വന്നാ പോയി അപ്പൊ അസൂയ ഇല്ലെങ്കിൽ പരമാത്മതത്വം തുറന്ന മനസ്സോടുകൂടെ ഉള്ളിൽ കയറ്റണം തുറന്ന മനസ്സോടെ ഹൃദയത്തിലെത്തിയാൽ അത് നമ്മളുടെ സംസാര രോഗത്തിന് മുഴുവൻ ശമിപ്പിച്ച് പരമമായ ശാന്തിയെ തരും അപ്പൊ ഇവിടെ ഭഗവത്ഭചനമില്ലാത്തതുകൊണ്ട് ജീവിതത്തിന്റെ പരമലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണെന്ന് അറിയാത്ത സുരുചി അസൂയപ്പെട്ടു അസൂയപ്പെട്ട് ധ്രുവനെ വലിച്ചു ചുവട്ടിലിട്ടു കുഞ്ഞ് കണ്ണിങ്ങനെ കലങ്ങിയ കണ്ണുകളോടുകൂടെ കരഞ്ഞു വിതുമ്പിക്കൊണ്ട് നിൽക്കാം എന്നിട്ട് അവൾ പറഞ്ഞു അച്ഛനെ നോക്കി അച്ഛനൊന്നും ഇണ്ടണില്ല എന്നാണ് സന്നവാചം ൂരം ദുരുക്തിനിഹതോ നിജാംബം ഭഗവാന്റെ മായ കൊണ്ട് മോഹിതനാണോ ഉത്ഥാനപാദവശ്യേ ഭാര്യയുടെ അടിമം അപ്പൊ ഒന്നും ഉണ്ടാതിരിക്കണത് കണ്ട് ദുരുക്തിനിഹത ഈ ഇവൾ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ൃപത്തെഹേ്യം ഭവൻ ആരോടും അർഹതി രാജാവിന്റെ സീറ്റിലിരിക്കാൻ തനിക്ക് അർഹതയില്ല എന്റെ ഗർഭത്തിൽ ജനിച്ചില്ലല്ലോ ഇനിയിപ്പോ തനിക്ക് ഉത്തമനെ പോലെ ഒരു സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ തപസാ ആരാധ്യപുരുഷം തസൈവ അനുഗ്രഹേണമേ ഗർഭേത്വം സാധയാത്മാനം യദീച്ഛസി നൃപാസനം എന്ന് പറഞ്ഞു തപസ് കൊണ്ട് ഭഗവാനെ ആരാധിക്ക അവൾ ആള് മോശമാണെങ്കിൽ നല്ലൊരു ഉപദേശം കൊടുത്തു ആരാധിക്കാ പറഞ്ഞു അതുവേറെ ശരി തപസാ ആരാധ്യ പുരുഷം എന്നുള്ളത് വേറെ ശരി എന്നിട്ട് പറഞ്ഞു എന്റെ ഗർഭത്തിൽ ജനിക്കുക തപസുകൊണ്ട് ഭഗവാനെ ആരാധിച്ചാൽ അതിന്റെ ഫലമേ പുനർജന്മില്ല എന്നാണ് ഇവളുടെ ഗർഭത്തിൽ എന്തിനു ജനിക്കണം പക്ഷെ അവൾ അങ്ങനെ ഉപദേശിച്ചു അച്ഛനെ നോക്കി അച്ഛനൊന്നും മിണ്ടിയില്ല ആ കുട്ടി കരഞ്ഞുകൊണ്ട് നിജം അമ്മയുടെ അടുത്തേക്ക് പോയി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മയാവുമ്പോ അമ്മ എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ സാപി സ്വകർമ്മഗതി സന്തരണായ പുംസം ശരണം ശിശവേഷശംസ അതാണ് അമ്മയുടെ ലക്ഷണം അമ്മ എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവണം മുതൽ മുലയൂട്ടുമ്പോ മുതൽ ഭക്തിയെ കൊടുക്കണം പാല് കൊടുക്കുമ്പോൾ മുതൽ ഭക്തിയെ ഊട്ടി കൊടുക്കണം കുഞ്ഞിന് അമ്മിഞ്ഞയോടുകൂടെ ഭക്തി ഉള്ളിൽ കയറാം അങ്ങനെ കൊടുത്തു കുട്ടി കരിഞ്ഞു ദുഃഖിച്ചു വരുമ്പോ രാഗദ്വേഷത്തിന് ഊട്ടി കൊടുക്കരുത് ആരെങ്കിലും ഒക്കെ കുട്ടിയെ അടിച്ചു എന്ന് വെച്ചാൽ ഉടനെ ആ കുട്ടിയെ കുറ്റം പറയുക അത് പാടില്ലേ ഈ അമ്മ ധ്രുവനെ അടുത്ത് വിളിച്ചു സ്വകർമ്മ ഗതിസന്തരായുഖത് കുഞ്ഞെ ആരെ കുറിച്ചും അമംഗളം ചിന്തിക്കരുത് ഇപ്പൊ അനുഭവിക്കണതേ ഏതോ കർമ്മത്തിന്റെ ഫലം അങ്ങനെയിരിക്കുമ്പോ ഇപ്പൊ നമ്മൾ അവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചാൽ അതിന്റെ ഫലം വരെ പിന്നെ അനുഭവിക്കണം അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് തെറ്റായിട്ട് അവർക്ക് വിഷമം വരുന്ന രീതിയിലോ അമംഗളം വരുന്ന രീതിയിലോ ഒന്നും ചിന്തിക്കരുത് നമ്മളിപ്പൊ അനുഭവിക്കണത് ഏതോ പണ്ട് ചെയ്ത അമംഗളത്തിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ആദ്യം എന്തിനു പുതിയതായിട്ട് ചെയ്യണത് നിർത്തണം ഇരിക്കണത് അനുഭവിച്ചു തീർക്കാം വന്ന് അനുഭവം വരും സന്തോഷപ്പെട്ടോളണം എന്ന് പറഞ്ഞു അത്രേ സന്തോഷപ്പെടാൻ വയ്യല്ലോ വിഷമം വരും എന്നാ ഭഗവാനെ ഭജിക്കൂ ആരാധയം അത്മം യസേനമുത്തമോയത കുഞ്ഞേം ത്പാദമേവ ശരണം ഭഗവാന്റെ പാദം മാത്രമാണ് ശരണമായിട്ടുള്ളത് ആരാധയ അധോക്ഷജപാദപത്മം ഭഗവാന്റെ പാദപത്മത്തിനെ ആരാധിക്കൂ വേറെ വഴിയില്ല കുട്ടിക്ക് അങ്ങനെ പഠിപ്പിച്ചു എന്നാണ് അമ്മ കുട്ടിക്ക് ഈശ്വരനാണ് രക്ഷ ചെറുപ്പം മുതൽ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കണം കുട്ടികളോട് നന്നായിട്ട് പഠിച്ചോട്ടോ സമ്പാദിച്ച് പണം സമ്പാദിച്ചിട്ടില്ലെങ്കി ആരും നോക്കും ഇതാണ് അമ്മമാർ ആദ്യമേ പറഞ്ഞു കൊടുക്കാം നീ നിനക്ക് സമ്പാദിച്ചോളാം ബാക്കി സ്വാമിയും പൂജയും ഒക്കെ പിന്നെയും ചെയ്യാം നമുക്ക് റിട്ടയർ ആയ ശേഷം പിന്നെ ചെയ്യാം ഇപ്പൊന്നും വരാൻ പാടില്ല സബ്താഹത്തിനൊന്നും വന്നിരിക്കാൻ പാടില്ല ചിലപ്പോ വലിച്ചോണ്ട് പോകും കുട്ടികളെ എന്റെ കാരണം ഹോംവർക്ക് ഇണ്ടത്ര ചെയ്യട്ടെ കുട്ടി ഹോംവർക്ക് ചെയ്യട്ടെ ഹോംവർക്ക് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് ഹോമിൽ നിന്നും ഭജിക്കാൻ കുട്ടിക്ക് ചെറുപ്പം മുതൽ ഭക്തിയെ കൊടുത്താൽ കുട്ടി അങ്ങനെ ചെയ്യില്ല കുട്ടിക്ക് ചെറുപ്പം മുതൽ ഭക്തിയെ കൊടുത്താൽ കുട്ടി അങ്ങനെ ചെയ്യില്ല അതിനുള്ള വഴി കൊടുക്കണം അല്പം സ്വല്പം കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കുട്ടിക്ക് ഭക്തി വളരട്ടെ നമ്മളുടെ സംസ്കാരം ഇവിടെ മാർക്ക് വാങ്ങിയവരൊക്കെ ഉണ്ടോ കോളേജ് പഠിച്ചവരെ കൊണ്ട് ഒന്നുമല്ല വളർന്നു വന്നത് അവരെ കൊണ്ട് നശിപ്പിക്കപ്പെട്ടതാണ് നമ്മളുടെ സംസ്കാരം എവിടെ അമ്പലങ്ങളിലൂടെയും ഭജനത്തിലൂടെയും ഭഗവത് ആരാധനയിലൂടെയുമാണ് ഇത്രകാലം നിന്നിരിക്കണം നമ്മൾ ഇത്രകാലം സമാധാനത്തോടെ ജീവിച്ചതെങ്ങനെയാണ് ശാന്തിയോടെ ജീവിച്ചതെങ്ങനെയാണ് ഇനിയും അത് സാധിക്കും വിശ്വസിച്ചാൽ ഇതാണ് മുഖ്യമെന്ന് അറിഞ്ഞാൽ മതി വിദ്യാധനം സർവ്വധനാത് പ്രധാനം എന്ന് വച്ചാൽ വിദ്യാധനം എന്ന് വച്ചാൽ ഭാഗവതം ഭഗവത്ഗീത ഉപനിഷത്ത് വേദം ഇതൊക്കെ തഴച്ച് വളരട്ടെ അല്ലാതെ വിദ്യ ഈ ലൗകിക വിദ്യ അല്ല ഇത് വിദ്യയൊന്നുമല്ല അവിദ്യയാണ് ഇപ്പൊ ലോകത്തില് കാണുന്നത് വിദ്യയൊന്നുമല്ല അവിദ്യയാണ് കുറച്ച് പണം സമ്പാദിക്കാൻ വേണമെങ്കിൽ ഇവിടുന്ന് പറക്കാൻ പുറത്തേക്ക് ഉള്ളൂ എന്നിട്ട് കൊറേ കഷ്ടപ്പെടും കുറെ പണം സമ്പാദിച്ച് വെച്ച് കുറെ ദുഃഖിച്ച് കരഞ്ഞു അവസാനം മഹാവിഷമത്തോടുകൂടെ പിന്നെ ഏത് മെഡിറ്റേഷൻ ക്ലാസ്സിൽ പോയി നടക്കും എന്ത് ടെക്നിക്ക് ചെയ്താൽ നടക്കുന്നു പറഞ്ഞാൽ അലഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവസാനം എന്നിട്ട് സമാധാനമില്ലാതെ മരിക്കേണ്ടി വരും എന്തിനാ കുട്ടിക്കാലം മുതൽ ലളിതമായി സത്സംഗത്തിലും ദിവ്യക്ഷേത്രങ്ങളിലും ഒക്കെ കുറച്ച് കുറച്ച് ലൗകികം വേണ്ട എന്നല്ല ഒക്കെ ഇരിക്കട്ടെ പക്ഷെ ഒന്നിനും ഇതല്ലാതെ വേറെ ഒന്നിനും പ്രാമുഖ്യം കൊടുത്തിട്ടില്ലെങ്കിൽ സമാധാനത്തോടെ കുട്ടി വളരും കുട്ടിയുടെ ആ സൈക്കി മനസ് മനസ്സ് തന്നെ പരിപാടപ്പെട്ട് ശാന്തമായിട്ട് തീരും ഒരുപക്ഷെ ഈ കുട്ടിക്ക് പ്രാരബം അനുസരിച്ച് കുറെ കഷ്ടപ്പെടാനുണ്ടെങ്കിൽ പോലും പിടിവെള്ളി ഉണ്ടാവും ഇത് കൊടുക്കാതെ കുട്ടികളെ വെറുതെ അങ്ങോട്ട് ലോകവിദ്യ മാത്രം കൊടുത്ത് വളർത്തിയാൽ ആ കുട്ടികൾക്ക് പിടിവെള്ളി ഒന്നും ഇല്ലാത്തത് ആ കുട്ടിക്ക് സർവസ്വവും ലൗകികമായി വാങ്ങിക്കൊടുത്തവരാണെങ്കിലും ആ അച്ഛനമ്മമാരോട് ഒരു തരം ദ്വേഷം ഉള്ളില് വളരണമെന്നാണ് അതുകൊണ്ടാത്രേ ആ കുട്ടികൾ ഇങ്ങനെ ചെയ്യണത് ആധുനികമായിട്ട് പലരും ഗവേഷണം ചെയ്ത് പറയണത് കുട്ടികൾക്ക് കുട്ടിക്കാലം മുതൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണെങ്കിലും ദൈവികമായ വിദ്യാഭ്യാസം കൊടുത്ത് ആര് അച്ഛനമ്മമാര് വളർത്തിയോ ദരിദ്ര കുടുംബമാണെങ്കിൽ പോലും ആ കുട്ടികൾക്ക് അച്ഛനമ്മമാരോട് ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നും ധാരാളം പണം കുട്ടിക്കാലം മുതൽ കുട്ടി ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്ത് എന്ത് ഇഷ്ടപ്പെട്ടുവോ അതൊക്കെ വാങ്ങിക്കൊടുത്ത് വളർത്തിയിട്ട് ആ കുട്ടികളെ പിൽക്കാലത്ത് ഒരു മുപ്പത് നാപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് ഈ ചെടി വളരുന്ന സമയത്ത് തടിക്ക് ബലം വേണമെങ്കിൽ അപ്പൊ വേണം വളവും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ അപ്പൊ ശരിക്കും ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് പിന്നീട് ശരിക്ക് വളരാൻ പറ്റില്ല അതേപോലെ ഈ കുട്ടിയുടെ പുറം മനസ്സ് വേണമെങ്കിൽ സന്തോഷിക്കും സാധനങ്ങളൊക്കെ വാങ്ങി ചോദിക്കണതൊക്കെ വാങ്ങിക്കൊടുക്കണത് കൊണ്ട് പക്ഷെ അക മനസ്സ് ഇവരെ ദ്വേഷിച്ചു കാരണം ആ കുട്ടിക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കണില്ല ആ കുട്ടിക്ക് അറിവില്ല പറയാൻ അറിയില്ല കുട്ടി പുറമേക്ക് പലതും ചോദിക്കും വസ്ത്രം വേണം അങ്ങനെ വസ്ത്രം മോട്ടോർ ബൈക്ക് വേണമെന്ന് വെച്ചാൽ മോട്ടോർ ബൈക്ക് പണം വേണമെന്ന് വെച്ചാൽ പണം അതൊക്കെ കൊടുക്കണു പക്ഷെ ഈ കുട്ടി ആഗ്രഹിക്കണത് ഉള്ളിലൊരു ധൈര്യം ഒരു ത്യാഗം ഒരു ശാന്തി അത് കൊടുക്കണില്ലെങ്കിൽ കുറെ കഴിയുമ്പോ ഈ കുട്ടി അച്ഛനും അമ്മയ്ക്ക് നേരെ വിരോധമായിട്ട് തീരും തിരിഞ്ഞേ നോക്കില്ല അപ്പോ കുട്ടിക്കാലത്ത് ഈ ഭക്തിയെ കൊടുക്കണം എവിടെ അമ്മ സുരുചി ധ്രുവന് സുനീതി ഭക്തിയെ കൊടുത്തു ഭക്തിയെ ഉപദേശിച്ചു കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞേ ചെന്ന് ഭഗവാനെ ആരാധിക്ക ആരാധയ അതോക്ഷജപാദ പദ്ദീക്ഷേധ്യസനമുത്തമോയത ആകണ്യസോദർ നിശ്ചിതത്മാനീനിത്യനഗരക്കില പഞ്ചവർഷ സന്ദ്രഷ്ടാരദ നിവേദമന്ത്രമാർഗ സ്വാമാരരാധ തപസ മധുക്കാനേ ധ്രുവൻ ഭഗവാനെ ആരാധിക്കാൻ നിശ്ചയിച്ചു നിശ്ചിതത്മാവദന നിശ്ചിതത്മാ ഒരേ ഉറപ്പ് ഉറപ്പിച്ചു കുട്ടി ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു ഭഗവാനെ ആരാധിക്ക കുട്ടിക്കും അതിനായിട്ട് അങ്ങനെ നിശ്ചയിച്ചു മാനീ നല്ല അഭിമാനമുള്ള കുട്ടി ഉറപ്പിച്ചു എന്നിട്ട് അവിടുന്ന് പറട്ടാന്ന് അറിയില്ല അമ്മ പറഞ്ഞതനുസരിച്ച് അങ്ങോട്ട് നടന്നു കുറച്ചു ദൂരം നടന്നപ്പോ നഗരാക്കില പഞ്ചവർഷ നടന്നു അഞ്ചു വയസ്സ് കുട്ടി അഞ്ചു വയസ്സ് കുട്ടി വീട്ടിൽ നിന്ന് തപസനായിട്ട് പുറപ്പെട്ടു ആരു നോക്കും എന്തിനാ പേടിക്കണത് ആര് നോക്കും എന്ന് വരരുചി വായുണ്ടോ എന്നാൽ വഴിയുണ്ടോ എന്ന് പറഞ്ഞ കുട്ടികളെയൊക്കെ വിട്ടിട്ട് പോയിട്ടേ ഏത് സർവേശ്വരനാണോ ഈ ലോകത്തിൽ എല്ലാരെയും നോക്കണത് അവൻ നോക്കും നഗരത്തില പഞ്ചവർഷ അഞ്ചു വയസ്സുള്ള ആ കുട്ടി അങ്ങനെ നടന്നപ്പോ സാധാരണ ലൗകികരായ അച്ഛനും അമ്മയ്ക്കും തന്നെ ഇത്രയും കുട്ടിയുടെ പേരിൽ സ്നേഹവും ഉണ്ടെങ്കിൽ ജഗത്തിന് മുഴുവൻ മാതാവും പിതാവുമായി ഭഗവാനുണ്ടാവില്ലേ ഭഗവാനെ വിശ്വസിച്ച് ഇറങ്ങിയപ്പോ സന്തുഷ്ട നാരദനിവേദിത മന്ത്രമാർഗാം നാരദ മഹർഷിയെ കണ്ടു വീണാപാണിയായിട്ട് സുര ഋഷി നാരായണനാമവും ഗാനം ചെയ്തുകൊണ്ട് വീണയും വീട്ടിക്കൊണ്ട് വരണം ആരതനെ കണ്ടതോടെ ധ്രുവൻ സന്തോഷിച്ചു ഗുരുവിനെ കിട്ടി ഗുരുവിനെ അന്വേഷിച്ചില്ല അന്വേഷിച്ചത് ഭഗവാനെ പക്ഷേ ഗുരു ഒന്നു ഗുരുവിനെ അന്വേഷിച്ചാൽ ചിലപ്പോൾ ഭഗവാനെ അന്വേഷിച്ചാൽ ഗുരുവിനെ കിട്ടും ഗുരുവിനെ കിട്ടിയാൽ ഭഗവാനെ കിട്ടും ഗുരു വേണം എന്ന് പറഞ്ഞു ഗുരുവിനെ അന്വേഷിച്ചു പോകരുത് ഗുരുവിനെ അന്വേഷിച്ചാൽ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഗുരു എന്ന് സ്വീകരിക്കും ഭഗവാനെ അന്വേഷിച്ചാൽ ഗുരു വഴിയിൽ വരും മന്ത്രോപദേശം ചെയ്യും ഭഗവാനെ കാണാനായി പുറപ്പെട്ടതും വഴിയിലെ സന്തുഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ നാരദ മഹർഷിയെ വഴിയിൽ കണ്ടു നാരദ മഹർഷി കുട്ടിയോട് ചോദിച്ചു കുഞ്ഞു എവിടെയാ പോ പോണത് ഞാനേ തപസ്സിന് പോവുക അഞ്ചു വയസ്സ് കുട്ടി നാരദൻ കുന്തിയിരുന്നിട്ടുണ്ടാവും കുട്ടിയുടെ മുമ്പിൽ എന്നാലേ ഉയരം ശരിയാവുള്ളൂ കുട്ടിയോട് ചോദിച്ചു കുഞ്ഞ് തപസ്ന് പോവേ എന്താ ഇപ്പൊ തന്നെ ഈ അഞ്ചു വയസ്സില് തപസ് അതെ എന്റെ ചിറ്റമ്മ എന്നെ പറഞ്ഞു എനിക്ക് സഹിക്കവയ്യ ഞാനിതാ തപസ്സിന് പുറപ്പെട്ടിരിക്കുന്നു ചിറ്റമ്മ ചീത്ത പറഞ്ഞു അമ്മ പറഞ്ഞു ആരാധയ അതോക്ഷജപാദം എന്ന് പറഞ്ഞു ഭഗവാനെ ആരാധിക്കൂ എന്ന് പറഞ്ഞു അതാണ് ഞാനിതാ പോണത് ഭാരത മഹർഷി പറഞ്ഞു കൊടുത്തു കുഞ്ഞെ നാഥുനാപി അപമാനം സമ്മാനം വാപ്പി പുത്രക ലക്ഷയാമഹാകുമാരസ്യ സക്തസ്യക്രീഡനാദിഷു കളിപ്പാട്ടം വെച്ച് കളിക്കേണ്ട കുട്ടിക്ക് ഇപ്പൊ എന്താ അപമാനം സമ്മാനമൊക്കെ ഇതൊന്നും കാര്യമാക്കണ്ട അപമാനം സമ്മാനമൊക്കെ ശരീരത്തിനല്ലേ ഇതൊക്കെ സഹിച്ചോളാം ജീവിതത്തിൽ പലതും വരും കുട്ടി അതൊന്നും കേൾക്കാൻ തയ്യാറല്ല അഹോ തേജ ക്ഷത്രിയാണാം മാനഭംഗം അമശതാം ആരും പറഞ്ഞു ഈ ക്ഷത്രിയന്മാർക്ക് ഈ മാനം കേടു വന്നാൽ സഹിക്കാൻ വയ്യ കുട്ടിയോട് പറഞ്ഞു എനിക്ക് തപസ് എന്താണെന്ന് അറിയോ ധ്രുവം പറഞ്ഞു എനിക്ക് തപസൊന്നും അറിയില്ല പക്ഷെ അതിനല്ലേ അങ്ങ് വന്നിരിക്കണത് തപസ് എന്താണെന്ന് പറഞ്ഞു തരാനല്ലേ വന്നിരിക്കണത് അതുകൊണ്ട് അവിടുന്ന് എനിക്ക് പറഞ്ഞുതരാം ഭാരതമഹർഷി വളരെ സന്തോഷിച്ച് ധ്രുവന് വഴി പറഞ്ഞു കൊടുത്തു തപസ് ചെയ്യാൻ ആദ്യം ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കാം ഭഗവാനെ ആരാധിക്കാൻ എല്ലാ സ്ഥലവും പറ്റില്ല ശുദ്ധമായ സ്ഥലം ശുചൌദേശെ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഹ എന്ന അത്യുച്ഛേത്രം നാദിനീജം ചൈലാദിന കുശോത്തരം തത്രൈകാഗ്രം മനഃകൃത്വ യഥചിത്തേന്ദ്രിയ ഉപവിശ്യ ആസനേ ഉഞ്ചിയ യോഗമാത്മവിശുദ്ധയേ എന്ന് ഭഗവത്ഗീതയില് ധ്യാനം ചെയ്യേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞു നല്ല ശുദ്ധമായ ഒരു സ്ഥലത്ത് ഒരു നല്ല ആസനം ആസനം കൽപ്പിച്ച് ആദ്യം മാന്തോലു വിരിക്കുക ആദ്യം ദർഭവിരിക്കുക അതിന്റെ മേലെ മാന്തോലു വിരിക്കുക അതിന് മേലെ ഒരു ചേല വിരിക്കുക എന്നിട്ട് അതിനു മേലെ കയറിയിരിക്കുക എന്നിട്ട് മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് അഭിമതമായ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിക്കുക ഇതാണ് ഗീതയിൽ അപ്പൊ ശുചൌദേശെ ശുദ്ധമായ സ്ഥലം എന്താ ഈ ശുചൌദേശേന്ന് വെച്ചാല് ഏതാണ് ഈ ശുചൌ ശുചി ദേശം ശുചിയായിട്ടുള്ള ദേശം കണ്ടുപിടിക്കും ശുചി വെച്ചാ ശുദ്ധം ചില പുസ്തകങ്ങളിലൊക്കെ ക്ലീൻ സ്പോട്ട് എന്നിട്ടുണ്ടാവും നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലം അല്ലെ ക്ലീൻ ആയിട്ടുള്ള സ്ഥലം ഒന്നും പോരാ ക്ലീൻ ആയിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ ചില ഹോട്ടലും ക്ലീൻ ആയിരിക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാൽ ക്ലീൻ ആയിരിക്കും അവിടെ ഇരുന്ന് ധ്യാനിക്കാൻ പറ്റുമോ വിഷയവാസനകളേ ഉള്ളൂ അപ്പോ അശുദ്ധമായിട്ടുള്ളത് ശുദ്ധമായിട്ടുള്ളത് എന്നുള്ളത് എന്തുകൊണ്ട് ഗണിക്കുക എന്ന് വെച്ചാൽ അവിടെ തപസ്സിന്റെ വൈഭവം ഉണ്ടാവണം വൃന്ദാവനത്തിനെ പോലെയുള്ള ക്ഷേത്രം ശുചിദേശം കാശിയെ പോലെയുള്ള ക്ഷേത്രം ശുചിയായിട്ടുള്ള ക്ഷേത്രം അവിടെ എത്രയൊക്കെ പുറമേക്ക് അശുദ്ധിയുണ്ടെങ്കിലും പുറമേക്ക് എത്ര കണ്ട് വൃത്തികേടുണ്ടെങ്കിലും അത് ശുചിയായിട്ടുള്ള ദേശം നാരദ മഹർഷി പറഞ്ഞു മധുഗാനനന് മധു മധുവനത്തിൽ ചെന്ന് ഹരിയെ ആരാധിക്കാം എങ്ങനെ ആരാധിക്കും ഞാൻ ഭഗവാന്റെ രൂപം വർണ്ണിച്ചു തരാം പ്രസാദാഭിമുഖം ശശ്വത്ത് പ്രസന്നവതനെക്ഷണം സുനം സുഭ്രുവാരുക്കോലം സുരസുന്ദരം തരുണം രമണീയാംഗം അരുണോഷ്ടേക്ഷദരം പ്രണതാശ്രയണ കരുണാർണവീവത്സംഗം ഘനശ്യാമം പീതകൗഷ പുരുഷം വനമാലിം ശങ്കചക്രഗദത്മൈ അഭിവ്യർഭുജം കിട്ടി കുലി ഗേയൂരവലയാന്വസ്തുഭാവണ ഗഗ്രീവ ലസത് കാഞ്ചന दर्शनीयतमं शांतं ശാത്ത മനോനയ വർദ്ധന പദ്മണിശ്രേണ വിലസദ് സമർത ഹൃത്പത്മകർണികാധിഷ്ഠ്യമാക്രമ്യ ആത്മനി അപസ്ഥം സ്മയമാനം അവിധ്യേത് സാനുരാഗാവലോകനം പ്രേമപൂർവം നമ്മളെ നോക്കി മന്ദഹസിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ പ്രസന്നമായിട്ടുള്ള മുഖം സദാ പ്രസന്നമായിട്ടുള്ള മുഖം ശാന്തിയായി കാരുണ്യം നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകള് ഭഗവാന്റെ സുന്ദരമായ നാസിക വിശാലമായി നെറ്റിത്തടം ഊർധ്വപുണ്ഡ്രം സുന്ദരമായ അധരദേശം കണ്ഠം കണ്ഠത്തില് വനമാല കൌസ്തുഭം വക്ഷസലും ശംഖം ചക്രം ഗത പീതാംബരം ഇങ്ങനെ ശിരസ് മുതൽ പാദം വരെ ഭഗവാന്റെ രൂപം വർണ്ണിച്ചു കൊടുത്തു ഇത് രൂപധ്യാനം രൂപത്തോടൊപ്പം ജപിക്കാൻ മന്ത്രവും ഉപദേശിച്ചു കൊടുത്തു ദ്വാദശാക്ഷരീ മന്ത്രത്തിനെ വാസുദേവ മന്ത്രത്തിനെ ഉപദേശിച്ചു കൊടുത്തു ഈ ദ്വാദശാക്ഷരീ മന്ത്രത്തിനെ ഉപദേശിച്ച് ഇത് ജപിക്കാം അങ്ങനെ ശരിക്കു ജപിച്ചാൽ ഏഴ് രാത്രി കൊണ്ട് തന്നെ സിദ്ധചാരണ ഗന്ധർവന്മാരുടെ തലവൊക്കെ കടന്നുപോവാം അങ്ങനെ ദ്വാദശാക്ഷരീ മന്ത്രവും ജപിച്ച് മധുവനത്തില് തപസ് മഹർഷി ഉപദേശിച്ച പ്രകാരം കുട്ടി അവിടെ നിന്ന് പോയി നാരദനും നേരെ രാജാവിന്റെ അടുത്തേക്ക് പോയി കുട്ടിയുടെ തപസ്സിനെ പറയാം ത്യുജ്വലമായ തപസ് ഉഗ്രമായ തപസ് അഞ്ചു വയസ്സ് കുട്ടി ഒറ്റക്കാലിൽ ആദ്യത്തെ ഒരു മാസം ബദരഫലവും കവിത്തഫലവും വളാമ്പഴവും ലന്ത മാത്രമായിട്ട് കഴിച്ചുകൊണ്ട് അങ്ങനെ കഴിച്ചുകൂട്ടി മൂന്ന് ദിവസം കൂടുമ്പോ രണ്ടാമത്തെ മാസം ഉണങ്ങി വീഴുന്ന ഇലകള് ആറ് ദിവസം കൂടുമ്പോ മൂന്നാമത്തെ മാസം ഒമ്പത് ദിവസം കൂടുമ്പോ വെള്ളം മാത്രം നാലാമത്തെ മാസം പന്ത്രണ്ട് ദിവസം കൂടുമ്പോ വായു ഒന്നുള്ളിലെടുക്കുന്നു വായു അടങ്ങി അഞ്ചാമത്തെ മാസം വായു നിരോധിക്കപ്പെട്ടു പൂർണമായി വായു നിരുദ്ധമായി അങ്ങനെ കഠോരമായി തപസ് അങ്ങനെ തപസ് ചെയ്യുന്ന ധ്രുവന്റെ മുമ്പിലേക്ക് ഭഗവാനെ കൊണ്ടുവരാനായി ദേവതകളൊക്കെ ഭഗവാനോട് ചെന്ന് പറഞ്ഞു ഭഗവാനെ ഞങ്ങൾക്കൊക്കെ ശ്വാസം മുട്ടണു ഔത്താനപാദിഹി മൈ സങ്കതാത്മ ഭഗവാൻ പറഞ്ഞുപാദന്റെ മകൻ എന്നിൽ ലയിച്ചിരിക്കാം തപസ്സിന്റെ വേഗം കൊണ്ടാണത് ഞാനിതാ പോണു എന്ന് പറഞ്ഞു ഭൃത്യനെ കാണാനായുള്ള ആകാംക്ഷയോട് കൂടെ ഗുരുവായൂരപ്പൻ ധ്രുവന്റെ മുമ്പിൽ വന്ന് അങ്ങനെ വന്നു നന്നു ധ്രുവന്റെ മുമ്പിൽ വന്ന് ഭഗവാൻ അങ്ങനെ വന്ന് പ്രകാശിച്ചു നിന്നു താവത്തപോലിതേ ദകൻത്തെ ദാവാർത്തിയുണാർദ്രചേതൂപി പുരസ്തവിർഭൂവിത വിഭോ ഗരുടാതിരുൂഢ അങ്ങനെ ത്ദ്രൂപിദ്രസനിലീനവേ ഭഗവാന്റെ രൂപം എന്താണ് ചിദ്രസം വഴികി ഒഴി ചിദ്രസം ഒഴുകിക്കൊണ്ടിരിക്കുന്ന രൂപം ചിദ്രസം ഊറിക്കൊണ്ടിരിക്കുന്ന രൂപം അങ്ങനെയുള്ള ആ ദിവ്യരൂപത്തിൽ ലയിച്ച് മറന്ന് തന്നെ ശരീരം മറന്നിരിക്കുകയാണ് ധ്രുവൻ അങ്ങനെയുള്ള ധ്രുവന്റെ മുമ്പിൽ ഭഗവാൻ ആവിർഭവിച്ചപ്പോഴും കണ്ണു തുറന്നില്ല ആദ്യം അപ്പൊ ഭഗവാൻ ഉള്ളില് കടന്നിട്ട് അതിനൊന്നും മറച്ചു ഉള്ളിലുള്ള രൂപം ഉള്ളിലൊരു ഇടിമിന്നൽ ഉണ്ടായി ഉള്ളിലൊരു തടി ഹൃത്പത്മകോശേ സ്ഫുരിതം തടി പ്രഭം ഒരു ഇടിമിന്നൽ ഉണ്ടായ പോലെ ഒരു വെളിച്ചമുണ്ടായി മനസ്സ് പുറമേക്ക് വന്നു പുറമേക്ക് ഉള്ളിൽ താൻ ധ്യാനിച്ച ചെവി കൊണ്ട് കുടിക്കണം എന്ന് തോന്നി ഇന്ദ്രിയങ്ങളുടെയൊക്കെ സ്വഭാവം മാറിപ്പോയി തദ്ദർശനേന അഗത സാധിതം വിനമയ്യ ദവ ദൃാംശ്യൻ പ്രഭിബൻ ഇവ അർഭകഹ ചും വാസ്യേന ഭഗവാനെ പിടിച്ച് ചുംബിക്കണമെന്ന് തോന്നി ഭുജൈരി വാശലിഷന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി അങ്ങനെ ഭഗവാന്റെ അടുത്ത് ചെന്ന് നിൽക്കുക ഭഗവാനെ സ്തുതിക്കണം ഭഗവാനെ സ്തുതിക്കാൻ നമ്മൾ വിചാരിച്ചാ പറ്റോ ഭഗവാന്റെ കൃപയില്ലാതെ ഭഗവാനെ സ്തുതിക്കാനാവില്ല ഭഗവാൻ തന്റെ ജ്ഞാനമയമായ ശംഖു കൊണ്ട് ധ്രുവന്റെ കപോലത്തില് കവിളിലൊന്നു തോട്ടും അതോടുകൂടെ ഉറങ്ങിക്കിടക്കുന്ന വേദം ഉണർന്നു ധ്രുവന്റെ പ്രസിദ്ധമായ സ്തുതി നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം സർവത്ര ഗോവിന്ദനാമ സംഗീതം തുദ്ധം വിമലം വിശോകമൃതം സത്യം പരം ധ്രുവൻ ഭഗവാനെ തപസ്സി ചെയ്ത് മുൻപില് സഗുണസാകാരമൂർത്തിയായി ഭഗവാനെ കണ്ടു തദ്ദർശന പ്രമതഭാരതരംഗിതം തം ദൃഗ്യം നിമഗ്നമി രുപരസായൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടസിണ തഥാദരേണ ദരം എന്ന് വെച്ചാൽ ശംഖം ശംഖം കൊണ്ട് ആദരവോടുകൂടെ ഭഗവാൻ കപോലദേശത്തിൽ അങ്ങനെ തോട്ടു ഭഗവാനെ കണ്ടിട്ടുള്ള ധ്രുവന്റെ ഭാവത്തിനെയാണ് ഭാവേശത്തിനെയാണോ പറഞ്ഞത് ദർശന പ്രമദഭാര തരംഗിതം പ്രമദം ആനന്ദം പ്രേമം പ്രേമഭാരം കൊണ്ട് തരംഗം അലയടിച്ചു ഉള്ളിൽ ആ പ്രമദാര തരംഗം കൊണ്ട് കാഴ്ച ഭഗവാന്റെ ആ ദിവ്യ ദർശനം അതിലങ്ങനെ ലയിച്ചു പോയി നിമഗ്നമിവ ഭഗവാന്റെ രൂപം ഒരു രസായനം എന്നാണ് അത് കണ്ട ഒരു ടോണിക് കുടിച്ച പോലെ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് വന്ന ഒരു ടോണിക് ഒരു മാസത്തിനും വേല ചെയ്യും പിന്നെ അടുത്ത ഒന്നാം തീയതി പോവാ സത്സംഗത്തിലെ ഒരു ടോണിക് രസായനമയീ ശാന്തിഹി പരമാനന്ദദായിനി നാനന്ദയതി കംനാമ സാധുസംഗമ ചന്ദ്രിക സാധുക്കളുമായിട്ടുള്ള സംഗമം സത്സംഗത്തിൽ ഏർപ്പെടുന്ന ആ ശാന്തി ഉണ്ടല്ലോ രസായനമയീ ശാന്തിഹി അതൊരു രസായനം കുടിച്ച പോലെ ടോണിക്ക് കുടിക്കണ പോലെ ഭാഗവതം കേട്ടാൽ അത് കുറച്ചു ദിവസത്തേക്ക് ആ ടോണിക് അങ്ങട് വേല ചെയ്യും പരമാനന്ദദായിനി നാനന്ദയതി കംനാമ ആരെ തന്നെ സന്തോഷിപ്പിക്കില്ല സാധുസംഗമ ചന്ദ്രിക അപ്പോ ഒരു രസായനം ഇവിടെ കണ്ണുകൊണ്ട് കുടിക്കണ രസായനമാണ് അത്ര ഗുരുവായൂരപ്പൻ ഏട്ടത്തിരി പറഞ്ഞു അങ്ങെ കണ്ടപ്പോ ത്വദ്ദർശന പ്രമദഭാര തരംഗിതം ഒരു ഭാരം എന്താ ഭാരം എന്ന് വെച്ചാൽ ആനന്ദത്തിന്റെ ഭാരം ആനന്ദത്തിന്റെ ഭാരം ആനന്ദം അങ്ങനെ നിറഞ്ഞു ഇവിടെ ഭാരം എന്ന് വെച്ചാൽ ഭരം നിറഞ്ഞു നിറഞ്ഞതുകൊണ്ട് തരംഗിതം തം അലയടിച്ചു അതിനെ ഉള്ളിൽ കിടന്ന് ഓളം വെട്ടുന്നു ആ ഓളം വെട്ടുന്ന ആനന്ദത്തില് ദൃം നിമഗ്നമിവസായൂപരസായനമാണ് ഭഗവാൻ നാമരസായനം രൂപരസായനം കഥാരസായനം ഇതൊക്കെ രസായനം അങ്ങനെയുള്ള ആ രസായനം കുടിച്ച പോലെ കണ്ണുകൊണ്ട് ഗുരുവായൂരപ്പനെ അങ്ങനെ കണ്ട് തുഷ്ടൂഷമാണം സ്തുതിക്കണംന്ന് തോന്ന ഭഗവാനെ സ്തുതിക്കാൻ എങ്ങനെ വേണമെങ്കിലും സ്തുതിക്കാം പക്ഷെ ശരിക്കും സ്തുതിക്കണമെങ്കിൽ ഭഗവാൻ തന്നെ ഉള്ളിൽ തോന്നിപ്പിക്കണം അല്ലെ സരസ്വതി ഉണരണം ഉള്ളില് വാക്കിന് നാല് പാദങ്ങളുണ്ട് സത്വാരി വാക് പരിമിതാ പദാനീന്ന് നാല് പാദങ്ങളുണ്ട് നമ്മളൊക്കെ പറയണ വർത്തമാനം പറയണതില് സ്ഥൂലമായ ഒരു പാദം മാത്രമേ ഉണർന്നിരിക്കണുള്ളൂ അതുകൊണ്ടാണ് ആ ശബ്ദത്തിന് ബലം പോരാത്തത് വേദത്തിലെ ഋഷികള് അതിന്റെ നാലു പാദവും സ്പർശിച്ചു കൊണ്ടുള്ള വാക്കിനെ കാണുന്നു അവർ വാക്കിനെ കണ്ടെത്തിയവരാണ് വാക്കിനെ സാക്ഷാത്കരിച്ചവരാണ് അപ്പൊ ഇവിടെ ധ്രുവൻ വാക്കിനെ സാക്ഷാത്കരിച്ചു തൽക്കാലത്തേക്ക് വാക്കിനെ കണ്ടു വാക്കിനെ കാണുക എന്ന് വെച്ചാൽ വാക്കിന്റെ നാലു പാദവും കണ്ടു എന്നാണ് വാക്കിന്റെ നാലു പാദവും കണ്ടവൻ നാലു വാക്ക് പറഞ്ഞാ മതി നാലു ലക്ഷം പേര് കേൾക്കും വാക്ക് സ്ഥൂലമായി ഇരുന്നാൽ എത്ര നിലവിളിച്ചാലും ആരും കേൾക്കില്ല അപ്പോ ടേപ്പ് റെക്കോർഡറിനൊക്കെ അതാണ് ഒരു ദൂഷ്യം നമ്മളൊക്കെ റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചാലും നേരിട്ട് ഹൃദയത്തിന്റെ ആഴത്തു നിന്ന് ആ വാക്കിന് എന്ത് ബലമുണ്ടാവുമോ ആ ബലത്തിന്റെ ഒന്നും അതിലുണ്ടാവില്ല സ്ഥൂലമായി കുറച്ച് ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ബലം ഹൃദയത്തിലുള്ള സാക്ഷാത്കാരത്തിന്റെ ബലത്ത് നിന്ന് വാക്ക് വരണം സ്വാത്മാനുഭൂതിയുടെ ബലത്ത് നിന്നും വാക്കു വരണം അനുഭൂതി ദർശനത്തിന്റെ ആഴത്തു നിന്നും പൊന്തി വരണ വാക്ക് പുറത്തു വന്നാൽ അതിനൊരു സുഖം അപ്പൊ ധ്രുവൻ ഇവിടെ ഉള്ളിലുള്ള വാക്കുണർന്നു വാക്കുണർന്നപ്പോ ധ്രുവൻ പറയണത് ഏത് ഭഗവാനാണോ എന്റെ ഉള്ളിൽ പോയി ഈ വാക്കിനെ ഉണർത്തുന്നത് ആ ഭഗവാന നമസ്കാരം യോന്ത പ്രവിശ്യം മാം പ്രസുപ്ം സഞ്ജീവയത്യഖി ശക്തിധരസ്വദാ അനാശഹസ്ത ശ്രവണത്ഗാദീം പ്രാണന്നമോ ഭഗവതേ പുരുഷാ യുഭ്യം നോക്കണം ഗുരുവായൂരൊപ്പം മുമ്പില് വന്ന് നിൽക്കുമ്പോ ഗുരുവായൂരപ്പനെ ധ്യാനിക്കുമ്പോ പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്ന വധനക്ഷണം സുനാസം സുഭ്രുവം ചാരു കപോലു സുരസുന്ദരം എന്ന് ധ്യാനിച്ചു ഗുരുവായൂരപ്പൻ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ അങ്ങനെയല്ലേ സ്തുതിക്കേണ്ടത് സ്തുതിക്കുമ്പോ ഭാവം മാറി അതായത് ഗുരുവായൂരപ്പനെ മുമ്പിൽ കണ്ടപ്പോ വെട്ടതിരി ആദ്യം പറഞ്ഞു സാന്ദ്രാനന്ദ ബോധാത്മകം അങ്ങനെയാണോ പറയേണ്ടത് വാസ്തവത്ര ഗുരുവായൂരപ്പനെ മുമ്പിൽ കണ്ടാൽ ആദ്യമേ സൂര്യസ്പർധി കിരീടം ഊർധ്വതിലകം പ്രോദ്ഭാസിന്ന് പറയണ്ടേ അങ്ങനെ തോന്നണില്ല അത്രേ ഭഗവാന്റെ മൂർത്തി അങ്ങനെയാണെങ്കിലും കാണുമ്പോ ഏർപ്പെടുന്ന അനുഭൂതി സാന്ദ്രാനന്ദ അവബോധമായിട്ടിരിക്കുന്നു മൂർത്തി അങ്ങനെയാണ് നിൽക്കണതെങ്കിലും ഏർപ്പെടുന്ന അനുഭവം സാന്ദ്രാനന്ദ അവബോധം അതേപോലെ ഇവിടെ മൂർത്തി മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും ധ്രുവന് ഏർപ്പെടുന്ന അനുഭൂതി പുരുഷായതുഭ്യം കപില ഭഗവാൻ ഏത് പുരുഷൻ എന്ന് പറഞ്ഞു പ്രകൃതി പുരുഷൻ ആ പുരുഷൻ ഉള്ളിൽ പ്രവേശിച്ചിട്ട് കണ്ണിലൂടെ കാണുന്നു ചെവിയിലൂടെ കേൾക്കണു മൂക്കിലൂടെ മണക്കണു നാക്കിലൂടെ രുചിക്കണു ത്വക്കിലൂടെ സ്പർശിക്കണു ആ പുരുഷൻ പോയാലോ ഈ ശരീരം ജടം കൊണ്ടുപോയിട്ട് കത്തിക്കാം ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിക്കാം ആ പുരുഷൻ ഇതിനുള്ളിൽ സന്നിധാനം ചെയ്യുമ്പോൾ ഈ ശരീരത്തിന് എന്തെങ്കിലും ബലമുണ്ട് ആ പുരുഷൻ പോയാൽ ഇതൊന്നിനും കൊള്ളില്ല ഈ ശരീരം ജഡം അല്ലേ സത്ത് പോയി തമിഴ് തമിഴന്മാരോട് ചോദിച്ച സത്ത് പോയി അപ്പൊ നമ്മള് മലയാളികൾ പറയും അയാൾക്ക് വായിൽ നുഴയണില്ല ചത്തുപോയി എന്നല്ലേ പറയേണ്ടത് ഇയാളെന്താ സത്ത് പോയി സത്ത് പോയി അയാള് പറയുന്നതാണ് ശരി ചത്തുപോയി എന്നുള്ളത് തെറ്റാണ് എന്താന്ന് വെച്ചാൽ സത്ത് പോയി എന്നാണ് ഉള്ളത് അസത്ത് ശരീരം അസത്ത് അതിൽ നിന്നും സത്ത് പോയി അത് പോയി പോയിട്ടാണ് ചത്ത് പോയിന്നായിരിക്കണത് ഇപ്പോ സത്ത് ശരീരത്തിനെ വിട്ടു പോയി ഉള്ളത് അസത്താണ് ജഡം അപ്പൊ ആ സത്തിനെയല്ലേ നമുക്ക് വേണ്ടത് നാസത്തോ വിദ്യതേ ഭാവ നാഭാവോ വിദ്യത്തെ സതഹ സത്തിനെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കണത് അപ്പൊ അസത്തിനെയൊക്കെ എടുത്ത് കളയണം ധ്രുവൻ പറഞ്ഞുതാ അസത്തിനെ ഉള്ളിലിരുന്ന് ഏത് സത്ത് പ്രകാശിപ്പിക്കണോ ആ സത്ത് തന്നെ ഭഗവാൻ നമസ്കാരം ഏത് ഭഗവാൻ ഈ ശരീരത്തിൽ ഇരുന്നതാ വാക്കുകളെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നു ആ ഭഗവാന് നമസ്കാരം ആത്മാവായിട്ടുള്ള ഭഗവാൻ ഉപനിഷത്തുകളൊക്കെ അങ്ങനെയാണ് ഏനോപനിഷത്തില് ഋഷിയോടു പോയി ശിഷ്യൻ ചോദിക്കണത് തന്നെ ആരാണ് എന്റെ ഉള്ളിലിരുന്ന് പ്രാണനയും അപാനനയും നിയന്ത്രിക്കണത് ആരാണ് എന്റെ ഉള്ളിലിരുന്ന് കണ്ണിലൂടെ കാണുന്നത് ആരുള്ളത് കൊണ്ടാണ് കണ്ണ് കാണുന്നത് ആരുള്ളത് കൊണ്ടാണ് ചെവി കേൾക്കുന്നത് ആരുള്ളിലുള്ളത് കൊണ്ടാണ് മൂക്കു മണക്കുന്നത് ആരു ഉള്ളിലുള്ളത് കൊണ്ടാണ് നാക്കുരുചിക്കുന്നത് ആര് ഈ ശരീരത്തിലുള്ളത് കൊണ്ടാണ് മനസ്സനേകം വിചാരങ്ങൾ ഉണ്ടാക്കുന്നത് ആരു പോയാൽ ഈ കണ്ണുണ്ടെങ്കിലും അയാളുടെ മുമ്പില് ഡാൻസ് കളിച്ചാലൊന്നും കാണില്ല അല്ലേ ശവശരീരത്തിന് വെച്ച് എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം നല്ല പ്രയോജനം ഉണ്ടോ ചില തമിഴ്നാട്ടിലൊക്കെ ഇപ്പൊ ഞങ്ങൾ വരുന്നത് മരിച്ചു കഴിഞ്ഞാൽ തലേ ദിവസം വരെ ആര് ശ്രദ്ധിച്ചിട്ടേ മരിച്ചു കഴിഞ്ഞാൽ അതിനെ കാറിലൊക്കെ വെച്ചിട്ട് അലങ്കാരമൊക്കെ ചെയ്തിട്ടുണ്ടും ഉണ്ടും ഒക്കെ വായിച്ചുകൊണ്ട് പോകണ്ടുപോകും അതിന് വല്ലതും അറിയോ മരിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് പാട്ടുപാടിയാൽ എന്താണ് സ്ത്രോത്രം ചൊല്ലിട്ടെന്ത് കാര്യം തപ്പട്ട പൊട്ടിട്ട് എന്ത് കാര്യം അതിനെ കാറിൽ വെച്ച് ഗംഭീരമായി അലങ്കരിച്ച് രാജാവ് ഇരിക്കുകയാണെന്ന് തോന്നി ഇരുത്തിയിട്ടാ മരിച്ചു കഴിഞ്ഞിട്ട് അതിനെ എങ്ങനെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യം നാരായണ ഗുരുസ്വാമി പല വിധത്തില് റീഫോർമേഷനും ചെയ്തപ്പോഴേ ആളുകളൊക്കെ പോയിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു അത്രേ കല്യാണം ഇങ്ങനെ കഴിക്കണം ഇന്ന രീതിയിൽ ചെയ്യണം സംസ്കാരങ്ങളെന്നൊക്കെ അദ്ദേഹം വിധിച്ചു പുതിയതായിട്ട് അവർക്ക് ഒരു സംസ്കാരം കൊണ്ടുവരാൻ വേണ്ടി അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ സമ്പ്രദായത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനെ ദഹിപ്പിക്കണോ അഥവാ കുഴിച്ചിടണോ അല്ല പെട്ടിയിലാക്കി ഇറക്കണോ എന്താ വേണ്ടത് വളരെ പ്രാമുഖ്യത്തോടു കൂടെ ചോദിച്ചു മരിച്ച ആളെ എന്താ ചെയ്യേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു മരിച്ച ആളെ എണ്ണയാട്ടാൻ അപ്പോഴൊക്കെ ചക്കാണല്ലോ ചക്കിന് വളമായിട്ടിട്ടിട്ട് എണ്ണ ആട്ടാൻ എടുക്ക ആട്ട് അന്നിട്ട് തെങ്ങിന് വളമായിട്ടിടുക ചക്കിലിട്ട് ആട്ടിട്ട് തെങ്ങിന് വളമായിട്ടിടുക എന്നാണ് അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ തന്നെ അശോന്ന് പറയണു അതേപോലെ അവർ പറഞ്ഞു വത്രേ ആട്ടിയിട്ട് വളമായിട്ട് ഇടുക യൂ എന്ന് പറഞ്ഞു വെത്ര എന്താ വേദനിക്കുവോ എന്ന് വെച്ചു അത്ര യോ എന്ന് പറഞ്ഞപ്പോഴും യൂ അങ്ങനെ ചെയ്യാവോ എന്ന് വെച്ചു എന്താ വേദനിക്കോ അതായത് ആ തത്വം ബോധിപ്പിക്കുകയാണ് ആത്മാവും ആ ശരീരത്തിന് എന്തെങ്കിലും ചെയ്താലോ എന്ന് പോയി അപ്പോഴും ആ ശരീരത്തിലെ മനസ്സ് അപ്പൊ അതിനകത്ത് ശരീരി ഉള്ളപ്പോ ശരീരത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ട് ശരീരി പോയാൽ ശരീരം ഒന്നിനും കൊള്ളയിലെ കൊണ്ട് കത്തിക്കാം ശ്മശാനത്തെ അങ്ങനെ യോ അന്തപ്രവിശ്യ മമ വാചിമാം പ്രസുപ്താം സഞ്ജീവയതി അഖിലശക്തിധര അഖിലശക്തിധര എല്ലാ ശക്തിയും അവന്റെ അടുത്താണ് ഇരിക്കണം ഊർജം സർവേശ്വരന്റെയാണ് വാസ്തവത്തില് ശരണാഗതി ചെയ്ത് ആ സർവേശ്വരൻ ഉള്ളില് നിയന്ത്രിക്കുന്നതിന് വഴങ്ങിക്കൊടുത്താൽ ആരോഗ്യം പോലും നശിക്കില്ല പക്ഷെ നമുക്ക് വിശ്വാസം പോരാതെ കേടുവരുത്തി കഴിഞ്ഞു പോയി ഉള്ളിലിരുന്ന് അദ്ദേഹം ഈശ്വര സർവഭൂതാനാം ഹൃദേശ അർജുന അതിഷ്ഠതി തമേവ ശരണം ഗച്ഛ ഹൃദയത്തിലുള്ള ആ സർവേശ്വരന് ശരണാഗതി ചെയ്താൽ വ്യാധിയും വരില്ല ദുഃഖങ്ങളും വരില്ല അവന്റെ നിയന്ത്രണത്തിന് വഴങ്ങിക്കൊടുത്തിരുന്നാൽ അല്ലെ വഴങ്ങിക്കൊടുക്കാൻ വയ്യ നമുക്ക് അതാണ് അതുകൊണ്ടാണ് നമുക്ക് വിശ്വാസം ഉള്ളിലുള്ള ആളെയല്ല പുറത്തുള്ള ആളെയാണ് അപ്പൊ ഉള്ളിലുള്ള ആ സർവേശ്വരനെ പുരുഷനെ നമസ്കരിക്കുന്നു ആ പരമപുരുഷൻ ആത്മാവായിട്ടുള്ള ആത്മസ്മൃതി ഉണ്ടായി ധ്രുവന് ജ്ഞാനമുണ്ടായി താവത് വിബോധ വിമലം പ്രണുവന്തമേനം വിബോധം വിമലം പക്ഷേ തൽക്കാലത്തേക്കാണ് പൂർണ്ണമായി തികഞ്ഞില്ല ജ്ഞാനം പ്രഹ്ലാദനെ പോലെ ഉറച്ചില്ല അതുകൊണ്ടാണ് ധ്രുവൻ പിന്നാലെ ദുഃഖിക്കാൻ പോണത് കരയാൻ പോണത് ധ്രുവൻ തൽക്കാലത്തേക്ക് ജ്ഞാനമുണ്ടായി എന്താന്ന് വെച്ചാൽ ഭഗവാനെ കണ്ടാൽ ആർക്കും ഉണ്ടാവും തൽക്കാലത്തേക്ക് ജ്ഞാനം അങ്ങനെ ധ്രുവന് ഭഗവാനെ കണ്ടപ്പോ ജ്ഞാനമുണ്ടായി ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് ഭക്തി തരൂ എന്ന് പ്രാർത്ഥിച്ചു ഭക്തി മുഹുപ്രവഹതാം ത്വമേ എന്ന് പ്രാർത്ഥിച്ചു ഭക്തന്മാരുടെ സംഘം തരൂ പക്ഷെ ഭഗവാൻ പറഞ്ഞു കുഞ്ഞേ ഉള്ളിലൊന്ന് വെച്ച് പുറത്തു നിന്ന് ചോദിക്കും തന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാം ഉള്ളില് വരുമ്പോ തന്നെ ഒരു അസ്ത്രം വിട്ടുകഴിഞ്ഞു ഒരാഗ്രഹം എന്ന് വെച്ചാൽ ഒരു അസ്ത്രമാണ് അത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല ആഗ്രഹിച്ചു എന്താഗ്രഹിച്ചു സിംഹാസനം വേണം എന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് അത് തന്നേ ഒക്കു എനിക്ക് അതുകൊണ്ട് സിംഹാസനത്തിൽ കുറച്ചു കാലം എനിക്ക് രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം രാജ്യം കുറച്ചു കാലമൊക്കെ അനുഭവിച്ചു ധ്രുവപദത്തിൽ ഇരിക്കുക അങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ചു ഈ കുഞ്ഞ് ഭഗവാന്റെ ആശീർവാദവും വാങ്ങിച്ച് തിരിച്ചു വരുമ്പോ കരഞ്ഞുകൊണ്ടേ വന്നു ഇപ്പൊ വിതുരൻ ചോദിക്കുകയാണ് മൈത്രേയ മഹർഷിയോട് ഈ കഥ മൈത്രേയനാണ് വിതുരന് പറഞ്ഞു കൊടുക്കുന്നത് ഭാഗവതത്തിൽ എന്തിനാ ഭഗവാനെ കണ്ടിട്ടും ഒന്നും കിട്ടാത്ത പോലെ എന്തിന് കരഞ്ഞുകൊണ്ടുപോയി എന്ന് വെച്ചാൽ മൈത്രേ മഹർഷി പറഞ്ഞു അഹോ ആ കുട്ടി ആഗ്രഹിച്ചു പോയല്ലോ ഭവചിതമയാചേഹം ഭവം ഭാഗ്യവിവർജിത ധ്രുവൻ പറയണത് ഏത് ഭഗവാനെ കണ്ടാൽ സംസാരവൃക്ഷത്തിനെ വേരോട് മുറിച്ചു കളയാമോ ആ ഭഗവാന്റെ അടുത്ത് പോയി സംസാരത്തിനെ വാങ്ങിച്ചു ചികിത്സേവ ഗതായുഷി എന്ന് ധ്രുവൻ പറയണത് ഒരാള് തപസ് ചെയ്തു വ്യാധി അപ്പൊ വ്യാധി മാറാനും അനേകം മരുന്ന് നോക്കി അപ്പൊ അവസാനം ആരോ പറഞ്ഞു ഒരു മരുന്ന് കിട്ടണം ആ മരുന്ന് എങ്ങനെയായാൽ കിട്ടും എന്ന് വെച്ചാൽ സ്വാതി നക്ഷത്രം ഉച്ചത്തിലുണ്ടാവണം അപ്പ മഴ പെയ്യണം അതിൽ ഒരു ഡ്രോപ്പ് മഴവെള്ളം ഒരു ഉടഞ്ഞിരിക്കുന്ന തലപോട്ടിയിൽ വീഴണം ആ തലയോട്ടിയിലെ ഒരു പാമ്പിന്റെ വിഷം പാമ്പ് അവിടെ കക്കണം ആ വിഷത്തോടുകൂടെ ഈ ആകാശത്തുനിന്ന് വീണ മഴവെള്ളവും വീണ് ചേരണം എന്നിട്ട് അത് എടുത്തുകൊണ്ട് വന്ന് രോഗം മാറും ഇത് സാമാന്യമായിട്ട് സാധ്യമാണോ ഇയാൾ ഒറ്റക്കാലിൽ നിന്ന് കഴുത്തിന് വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ടുമൊക്കെ തപസ്സ് ചെയ്തു തപസ് ചെയ്തപ്പോ ഭഗവാൻ വന്നു ഭഗവാൻ മുമ്പിൽ വന്നപ്പോ പറഞ്ഞു ഭഗവാനെ എനിക്ക് സ്വാതി നക്ഷത്രം ഉച്ചത്തിലുള്ളപ്പോ മഴ പെയ്യണം ആ മഴ വെള്ളം പൊട്ടിയ ഒരു തലയോട്ടിയിൽ വീഴണം അതിന് മൂർഖം പാമ്പ് വിഷം കക്കണം ഇതൊക്കെ ചേർന്ന് കിട്ടി മരുന്നുണ്ടാക്കണം ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞു തഥാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു ഡോ വിഡി ഇതിനെക്കാളിൽ ആ മരുന്ന് കിട്ടണം എന്ന് ചോദിച്ചൂടെ തനിക്ക് ഒരു മരുന്ന് കിട്ടണം എന്ന് ചോദിച്ചതല്ല ഭഗവാൻ എന്താ പറഞ്ഞുവെച്ചാല് തനിക്ക് ഒരു മുഹൂർത്തമേ ആയുസുള്ളൂ ഈ മരുന്ന് ഉണ്ടാക്കുമ്പോഴേ മരിക്കും ആയുസിനെ ചോദിച്ചൂടെ ചികിത്സേവ ഗതായുഷീന ആയുസ് പോണ സമയത്ത് ചികിത്സ ചെയ്യണ പോലെ ഇത്രയൊക്കെ വിഷമിച്ച് മരുന്നിനു വേണ്ടി ചോദിച്ചിട്ട് മരിക്കാൻ പോണു അപ്പൊ അതുപോലെ എല്ലാം അപ്പൊ ധ്രുവൻ പറഞ്ഞു ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഈ പോയി പോകുന്ന ഈ വസ്തുക്കളെയൊക്കെ ചോദിച്ചുവല്ലോ ഭവചിതം അയാചേഹം ഭവം ഭാഗ്യവിവർജിത ഭാഗ്യമില്ലാത്ത ഞാൻ ആ സർവേശ്വരനെ മുമ്പിൽ കണ്ടിട്ട് ഇങ്ങനെ കൊച്ചു കൊച്ചു വസ്തുക്കളെ വാങ്ങിച്ചുകൊണ്ട് പോയല്ലോ അങ്ങനെ ദുഃഖിച്ചു ധ്രുവൻ അല്പം എന്നാലും ധ്രുവൻ ഒരു സമാധാനം ഭഗവാൻ ആശീർവദിച്ചിട്ടുണ്ട് അവസാനം തനിക്ക് തത്വബോധം ഉണ്ടാവും ധ്രുവൻ കുറച്ചു രാജ്യഭരണം ചെയ്തു യക്ഷേണദേവനിഹതയെ പുനരുത്തമേസ്മിൻ യക്ഷൈസയുദ്ധനിരതോ വിരതോ മനുക്യാ ശാന്ത്യാ പ്രസന്നഹൃദയാവ സുദൃഢാ വൃണോൻ മഹാത്മാ ധ്രുവനെ എപ്പോഴാ മഹാത്മാ എന്ന് ഭട്ടതിരി പറഞ്ഞതെന്ന് വെച്ചാൽ അവസാനം ജീവിതാന്ത്യകാലത്ത് ഉത്തമനെ ഒരു യക്ഷൻ കൊന്നു ആ യക്ഷനോട് യുദ്ധം ചെയ്യണ സമയത്ത് മനു വന്നു മനു വന്ന് ധ്രുവനെ പിന്തിരിപ്പിച്ച് ധ്രുവന് ആത്മതത്വം ബോധിപ്പിച്ചു നോക്കണം എവിടെ ആയാലും ഒരു ഗുരു വേണ്ടിവരണം സാക്ഷാത് ഭഗവാൻ മുമ്പിൽ വന്നിട്ട് പോയിട്ട് പോലും ഒരു ഗുരുവെന്ന് ഉപദേശിക്കുമ്പോഴേ തത്വജ്ഞാനം ഉണ്ടാവണം ഭഗവാനെ മുമ്പിൽ കണ്ട ഉദ്ധവർക്കും ഭഗവാൻ അവസാനം ഉപദേശിച്ചു ഗുരുവായി നിന്ന് ഉപദേശിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് സുബ്രഹ്മണ്യനെ സ്തുതിക്കുമ്പോൾ അരുണഗിരിനാഥർ പാടി ഗുരുവായ് വരുവായി അരുൾവായി ഗുഹനേ മുരുകൻ പല ഭാവത്തിലുമുണ്ട് മുരുകൻ വേറെ ഒരു വന്നാൽ ജ്ഞാനവും ഉണ്ടാവില്ല അതുകൊണ്ട് ഗുരുവായ് വരുവായി അരുൾവായി ഗുഹനേ എനിക്ക് ഗുരുവായും മുമ്പിൽ വന്നിട്ട് എനിക്ക് ഉപദേശിക്കണം അപ്പോഴേ പ്രയോജനപ്പെടുള്ളൂന്ന് അതാണ് ഉദ്ധവർക്കും അവസാനം ഭഗവാൻ അങ്ങനെ ഉപദേശിച്ചു കുന്തി ദേവിയും ഭഗവാനെ സ്തുതിക്കുമ്പോ പറഞ്ഞു ജഗദ്ഗുരോ എന്ന് വിളിച്ചു കുന്തി ഭഗവാനെ സ്തുതിക്കുമ്പോ ജഗദ്ഗുരോ ഇനി എന്നെ പറ്റിക്കരുത് എന്നാണ് ഭഗവാനെ അങ്ങയുടെ പാദപത്മത്തിൽ എനിക്ക് ഭക്തി ഉണ്ടാവണം ലോകവിഷയത്തിനോട് വിരക്തി ഉണ്ടാവണം എനിക്ക് ഭക്തി ഉണ്ടാവാനായി അനുഗ്രഹിക്കൂ ജഗദ്ഗുരുന്ന് വിളിച്ചു കുന്തി അപ്പോ ഇവിടെ ധ്രുവനും മനു ആത്മതത്വം ഉപദേശിച്ചതോടുകൂടെ ശാന്തമായി ശാന്ത്യാ പ്രസന്ന ഹൃദയാ പ്രസന്ന ഹൃദയനായി ശാന്തനായി അപ്പൊ മഹാത്മാ ഇനി ജീവിതത്തില് ഭഗവത് ധ്യാനമേ വ്രതമായെടുത്തു സുനീതിക്കും ധ്രുവനും ധ്രുവപദം നിത്യമായ പദം പ്രാപിച്ചു നിത്യം എന്ന് വെച്ചാൽ ആത്മനിഷ്ഠന്മാരായി തീർന്നു എന്നർത്ഥം ജ്ഞാനികളായിട്ട് തീർന്നു എന്നർത്ഥം ബ്രഹ്മനിഷ്ഠന്മാരായിട്ട് തീർന്നു അങ്ങനെ ധ്രുവചരിത്രം